അതിനാൽ നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും മനസ്സിന് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക ഏതെങ്കിലും മനുഷ്യനെ നീ കണ്ടാൽ പരമകാരുണികനായ അള്ളാഹുസുബാനഹുവ തയ്യാനാക്കി ഞാൻ നോമ്പ് നേർന്നിരിക്കുന്നു അതിനാൽ ഇന്ന് ഞാനൊരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്ന് പറയുക